ും എട്ട് ജ്രമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മുർത്തിയോ അരുതാല വലഞ്ഞു പാടി ഔതരമം നോവുകെടുത്ത സിദ്ധനോ ജ്വരമാറ്റി വിഭൂതി ൂർത്തിയോലിയെടുത്ത സിദ്ധനോ ഏഴാം നൂറ്റാണ്ടിലെ തമിഴകം തമിഴ് സിദ്ധന്മാരുടെ ശൈവ സിദ്ധന്മാരുടെ ശൈവ പിള്ളയാർമാരുടെ വെള്ളാള പിള്ളമാരുടെ വിഭൂതിയുടെ കാലമായിരുന്നു അതിലെ പ്രസിദ്ധനായ തിരുജ്ഞാന സംബന്ധരെയാണ് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കുഞ്ചപാണ്ഡ്യൻ്റെ ജ്വരം ഔഷധങ്ങളൊക്കെ പരാജയപ്പെട്ട് കൊട്ടാരം വൈദ്യൻ വരെ ഉപേക്ഷിച്ച നിലയിൽ നിലകൊള്ളുമ്പോൾ ഒരു അല്പം വിഭൂതി കൊണ്ട് ആ ജ്വരമെല്ലാം മാറ്റി കുറ്റപാണ്ഡ്യനെ രക്ഷിച്ച തിരുജ്ഞാനസംബന്ധരുടെ സിദ്ധാവസ്ഥയുടെ ലോകങ്ങളുടെ വർണ്ണന തമിഴകം പെരുമയോടെയാണ് ഓർക്കുന്നത് ആ തിരുജ്ഞാനസംബന്ധൻ അതുപോലെ തന്നെ അത്ഭുതപ്രവർത്തികൾ ചെയ്ത സുന്ദരമൂർത്തി അതും തമിഴ്സിദ്ധന്മാരിൽ അത്യുത്തമനാണ് അതേപോലെ നീ പറയുന്നതെല്ലാം മാണിക്യമായിത്തീരുമെന്ന് ശിവൻ തന്നെ അനുഗ്രഹിച്ച മാണിക്യവാചകർ നിന്റെ നാവിൽ നിന്ന് ഒരു വാക്കുതിർന്നാലത് മാണിക്യമായിരിക്കും എന്ന് സാക്ഷാത് സദാശിവനിൽ നിന്ന് തന്നെ അനുഗ്രഹം നേടിയിട്ടുള്ള അത്യുത്തമനായ മാണിക്യവാചകർ പെരുതൻ്റെ അന്വർത്ഥമാണ് അതേപോലെ തന്നെ വയറുവേദന കൊണ്ട് പിടഞ്ഞിട്ട് ഒരിക്കൽ പോലും ഔഷധലോകങ്ങളിലേക്ക് കടന്നു പോകാതെ തൻ്റെ ഈശ്വരാന്വേഷണം കൊണ്ട് നിരന്തരമായ ഭജന കൊണ്ട് തൻ്റെ വയറുവേദനയെ മാറ്റി സ്വയം സിദ്ധനായിത്തീർന്ന അപ്പർ ഇവരെയാണ് ഈ ശ്ലോകങ്ങളിൽ സ്മരിക്കുന്നത് അപ്പർ സുന്ദരമൂർത്തി മാണിക്യവാചകർ തിരുജ്ഞാനസംബന്ധർ ഇവരുടെ ഐതിഹ്യങ്ങൾ തമിഴകം മുഴുവൻ നടന്നടിഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഒരുപക്ഷെ ആധ്യാത്മിക വിഭൂതിയുടെ അതുല്യപ്രഭ അന്യൂനമൊഴുകുന്നതിന്നും തമിഴകത്തിലാണെന്ന് തോന്നി തിരുവള്ളുവരുടെയും സഹോദരി ഔവയാരുടെയും മാണിക്യവാചകരും മറ്റും ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നുവെന്ന് കേട്ടറിഞ്ഞ് ഔവയാർ വിഷമിക്കുമ്പോൾ തനിക്ക് കൂടെ പോകാൻ പറ്റുമോ എന്ന് ആലോചിക്കുമ്പോൾ സാക്ഷാൽ ഗണേശൻ തന്നെ വന്ന് അവരെത്തുന്നതിന് മുമ്പ് ഔവയാരെ അവിടെ എത്തിച്ചുവെന്നും മറ്റുമുള്ള അത്ഭുത കഥചൽ നിറഞ്ഞതാണ് തമിഴകത്തിൻ്റെ ആധ്യാത്മിക ലോകം അതൊക്കെ ഗുരുവിടെ സ്മരിക്കുക അത് മാണിക്യവാചകരെ കുറിച്ച് തന്നെയാണ് അടുത്ത ശ്ലോകവും ഹരൻന്ന് എഴുതി പ്രസിദ്ധമം മറയൊന്നോതിയ മഹാമുനീന്ദ്രനെ മര്യാദ ഉടലോടു പോയര പരമേശ്വന്റെ പരാർ ഭക്തനോ ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയൊന്നോതിയ മാമുനീന്ദ്രനോ മര്യാദ ഉടലോട് പോയൊരു പരമേശ്വന്റെ പരാർത്ഥ്യഭക്തനോ അതിലാ ഹരനെന്നെഴുതി പ്രസിദ്ധമാരയൊന്നൂതിയ മാമുനീന്ദ്രൻ ശിവൻ തൻ്റെ കൈകൊണ്ട് തന്നെ ഒപ്പിട്ടെഴുതി കൊടുത്തവാചകർ ശിവൻ തന്നെ എത്തി നിന്റെ നാവിൽ നിന്നൊരു വാക്കുതിർന്നാൽ അത് മാണിക്യതുല്യമായിരിക്കും ആ മാണിക്യവാചകർ അതേപോലെ തന്നെ മര്യാദ ഉടലോട് പോയൊരു പരമേശ്വന്റെ പരാർത്ഥ്യ ഭക്തൻ പരമേശ്വശക്തിയുടെ ആധിക്യത്താൽ ശിവവിഗ്രഹത്തിൽ തന്നെ ശരീരത്തോടുകൂടി ചേർന്ന ശിവനിൽ ലയിച്ച സുന്ദരമൂർത്തി അതിൽ നിന്നാണ് പിന്നെ ഔവ്വയാർ പോകാനും ഒക്കെ കാരണമായത് നായനാർമാരുടെയും ആഴുവാർമാരുടെയും ഒക്കെ സങ്കേതങ്ങൾ ഉഴങ്ങുന്ന തമിഴകം ഭാരതീയ സംസ്കൃതിയിൽ ഇത്രയേറെ സംഭാവനകട്ടൊരു ദേശം വരെ ഉണ്ടെന്ന് തോന്നുന്നില്ല തമിഴകം ആ ആധ്യാത്മികത തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ ഭൂത ഭൗതികരംഗങ്ങളും ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ ജനാധിപത്യം കേരളത്തോളം അതിൻ്റെ ആധാരശിലകളെ ഇനിയും നശിപ്പിച്ചിട്ടുമില്ലെന്ന് തോന്നുന്നു കാരണം ആ സംസ്കൃതിയിൽ തമിഴിൽ ഇന്നും ആവേശമുണ്ട് ഒരുപക്ഷെ കേരളം രൂപപ്പെടുന്ന കാലത്ത് പാലക്കാടും പരിസരപ്രദേശങ്ങളും തമിഴകത്തിൽ നിന്ന് ഇങ്ങോട്ട് ചേരാതിരുന്നെങ്കിൽ ഇതിൻ്റെ സംസ്കൃതിയും കുറെ കൂടെ നന്നാവുമായിരുന്നു അതൊരടിക്കുറിപ്പായി കരുതിയാൽ മതി മാനവ സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ അംശങ്ങൾ ദുഷ്ടന്മാരായ ഭരണാധികാരികളിൽ പോലും തമിഴകത്തില് ശിഷ്ടന്മാരായ കേരളീയ ഭരണാധികാരികളെക്കാൾ കൂടുതലുണ്ട് ആ പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് അപഗ്രഹിച്ചു നോക്കുകയും ചെയ്യാം തമിഴകത്തിൻ്റെ ആധ്യാത്മിക തേജസ് വളരെ ഉയർന്നാണ് നിൽക്കുന്നത് അവിടുത്തെ കലാക്ഷേത്രങ്ങളും അവിടുത്തെ കൊട്ടകൊത്തലങ്ങളും തമിഴൻ ഹൃദയം പോലെ ആ അവൻ കുളിച്ചില്ലെങ്കിലും അവൻ ശൗചം ചെയ്തില്ലെങ്കിലും അവൻ്റെ പൊതുസ്ഥാപനങ്ങളും അവൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളും മുണ്ടുമുറുക്കിയെടുത്തും സംരക്ഷിക്കുന്നതിൽ അവൻ ജാഗരൂകനമാണ് മലയാളി കടന്നു എന്ന് അവനെ കൂടെ മോശമാക്കുന്നത് ഒഴിവാക്കിയാൽ അല്പം കടന്നുപോയെങ്കിൽ ശ്രമിക്കുക സത്യം അങ്ങനെയാണല്ലോ അതുകൊണ്ട് ആഴ്വാർമാരുടെയും നയനാർമാരുടെയും ഇതിൽ പെരുമാക്കന്മാരുടെയും ഒക്കെ കഥ അസൂചിതമാണ് കാരണം അവരുടെയൊക്കെ ചരിത്രം കേരളത്തോടും കുറേ ബന്ധപ്പെട്ടാണ് ഇന്ന് കൊടുങ്ങല്ലൂർ വരെ വരും ചേരമാൻ പെരുമാളിൻ്റെയും ഒക്കെ പാണ്ഡ്യരാജ്യത്തിൻ്റെയും ചോളരാജ്യത്തിൻ്റെയും ചേരരാജ്യത്തിൻ്റെയും ഒക്കെ അവദാനങ്ങളിന്നും കാവേരിയുടെയും ീരങ്ങളിൽ നമുക്ക് കേൾക്കാം കാവേരി പട്ടണത്തിലും കാരയ്ക്കലുമൊക്കെ പോയി നിന്നാല് കാരക്കൽ ചെല്ലുമ്പോൾ ഇപ്പോഴും കാണാം ഒറ്റക്കല്ലിലുള്ള ആ അത് പഴയ ചോളരാജ്യത്തിൻ്റെ അവതാനം ഉതിർക്കുന്നതാണ് അനുകമ്പയുടെ ചോളരാജൻ്റെ പുത്രൻ തേരോടിച്ച് പോകുമ്പോൾ ചത്തുപോയ തൻ്റെ കുഞ്ഞിനെയോർത്ത് പശു ചെന്നുവെന്നും പശുവിനെ തേരിലേറ്റി പുത്രൻ്റെ നെഞ്ചിലൂടെ തന്നെ ഓടിച്ചുപോയിക്കൊള്ളുവാൻ പശുവിനോട് ചോളരാജൻ ആജാപിച്ചുവെന്നും ജീവികളോട് തൻ്റെ പുത്രനെയോ തന്നെയോ പോലും ഉപേക്ഷിച്ച് അത്രയും അനുകമ്പ കാണിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നുവെന്നുമൊക്കെയുള്ള അവധാനങ്ങൾ ഉറങ്ങുന്ന ചോളപാണ്ഡ്യ രാജ്യങ്ങളുടെ കഥ പുത്രന്മാർക്ക് വേണ്ടി എല്ലാം വളർന്ന് അടക്കളത്തിലിറങ്ങുന്ന ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാർക്ക് മുമ്പിൽ ഇതൊക്കെ കേവലം കഥകൾ മാത്രം അധികാരവും അതിൻ്റെ കരുവുകളും എല്ലാവരും ണെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ജനാധിപത്യത്തിൽ ഇത്രയേറെ അരങ്ങു തകർത്താടുമ്പോൾ ഒരുപക്ഷെ ജനാധിപത്യത്തെക്കാൾ എത്ര സുന്ദരമായിരുന്നു അറിവുള്ള രാജാക്കന്മാരുടെ ഭരണം വല്ലപ്പോഴും ഒരിക്കൽ അറിവില്ലാത്ത വല്ല ചണ്ടാലനും കയറി വല്ലപ്പോഴും ഭരിച്ചുപോയാൽ മക്കളായോ മരുമക്കളായോ ഭരിച്ചുപോയാൽ അവരപവാദം മാത്രമായി നിൽക്കുന്ന ഭാരത ചരിത്രത്തിൽ കഴിഞ്ഞ അമ്പത് വർഷത്തെ ജനാധിപത്യ ഭരണം പൊതുവായി തന്നെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുവെങ്കിൽ ഇനിയും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അനുകമ്പ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിർത്താറായില്ലേ ഒന്ന് ആലോചിച്ചു ഈ പ്രക്രിയ അനുകമ്പയില്ലാത്ത ഭരണാധികാരികളും അനുകമ്പ എന്തെന്നറിയാത്ത ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ അതിന് സ്തുതിപാടി ഒട്ടേറെ ഉയരങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന മതമേലധ്യക്ഷന്മാരും അവരുടെ കൂട്ടുകച്ചവടത്തിൽ ഉപോൽപ്പന്നമായി ക്രയവിക്രയം ചെയ്യുന്ന ജനങ്ങളും എന്നായിരിക്കും കരുണാമയനായ ഭഗവാൻ അനുകമ്പാർദ്ദമായി ഇതിനൊരു അരുതി വരുത്തുവാൻ അവരുടെ ബോധങ്ങളിൽ അരുളുള്ളവാക്കുക ഭഗവാനെ അനുകമ്പാദി ശകത്തിൻ്റെ ഈ പഠനവേളയിൽ അവിടുന്ന് ഇവരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ സേചനത്തിനുള്ള അത്ഭുതമന്ത്രമരുളുള്ളവനാണ് ജീവി എന്നൊന്ന് കടത്തി വിട്ടിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാം അതല്ലാതെ മറ്റൊന്നും അനുകമ്പയല്ലോ അതുകൊണ്ട് നമുക്ക് ഈ വേളയിൽ ഇവരുടെ എല്ലാം മനസ്സുകളെ അനുകമ്പാർത്ഥമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരമേശ്വ പവിത്ര പുത്രനെയും സരളാദ്വയ ഭാഷ്യകാരനെയുമൊക്കെ സ്മരിച്ചിട്ട് അല്ലാതെ എങ്ങനെയാണ് നമുക്ക് പറയാനാവുക അതുകൊണ്ട് അടുത്ത ശ്ലോകം െടുത്തു ഭൂമിയിൽ പെരുമാറീടിനാമധേനുവോ പരമാത്ഭുത ദാനദേവതാ തരുവോ ഈ അനുകമ്പയാണ്ടവൻ നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറീടിന കാമധേനുവോ പരമാത്മുതാനോയി അനുകാഗവതൂപമമായ ഒരു മൊമയാണെന്ന് തോന്നുന്നു നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാടിയിട കാമേനു പൃഥു ചക്രവർത്തിയെ പെട്ടെന്ന് ഓർമ്മ വരും ശിവിയെയും പെട്ടെന്ന് ഓർമ്മ വരും രണ്ടുപേരെയും രണ്ടും ഭാഗവത പ്രസിദ്ധവുമാണ് വേനൻ്റെ തുടയിൽ കിടഞ്ഞ് ഉണ്ടായതാണ് വേനൻ ആസുരീസ്വഭാവങ്ങളുടെ മൂർത്തിമദ്ഭാവമായിരുന്നു ഇത്രയും ഉപദ്രവകാരിയായ ഒരു ചക്രവർത്തി ഉണ്ടായിട്ടില്ലെന്ന് ഭാഗവത പ്രസിദ്ധമാണ് ഹുങ്കാരം കൊണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്രം കൊണ്ട് അയാളുടെ ആസുനീഭാവങ്ങൾ കന്ധ്യം വരുത്തുകയാണ് അതോടെ ഭൂമിയിൽ ഭരണം അവസാനിച്ചു ഭരണമില്ലാതെ കൃഷിയും ഔഷധകൽപ്പനയും കാര്യങ്ങളൊന്നും നടക്കില്ല അത് വേണ്ട എന്നുവെച്ചാൽ ജീവിതം തന്നെ ദുസ്സഹമാവും കാരണം ജനങ്ങളിൽ നല്ലൊരു ഭാഗം ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഭരണമില്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല ഭരണമില്ലെങ്കിൽ അവരെല്ലാം കൂടി അഴിഞ്ഞാടാൻ തുടങ്ങും ഇപ്പം നേതാക്കന്മാരെ അഴിഞ്ഞാടുന്നുള്ളൂ പൂർണ്ണമായി അവരെയൊന്ന് മാറ്റിയാൽ നമ്മളൊക്കെ കൂടെ കൂടി ഇറങ്ങാൻ തുടങ്ങും അതുകൊണ്ട് അന്നത്തെ പണ്ഡിതന്മാർ അന്നത്തെ വിപ്രന്മാർ വിഷമിച്ചു വശായി അവർ വേനൻ്റെ തുടയിൽ കടയാൻ തീരുമാനിച്ചു അതിൽ നിന്ന് സൃഷ്ടിച്ചതാണ് പൃഥ്വിനെ ഇങ്ങനെയാണ് ഭാഗവത കഥ ഇങ്ങനെയൊക്കെ ജനിക്കുകയോ ഇല്ലയോ അതൊക്കെ പിന്നെ നിങ്ങൾ പോയി രാവിലെ പരീക്ഷിക്കുക കഥയായിട്ട് മാത്രം ഇപ്പം എടുത്താൽ മതി കാരണം ആ കഥയ്ക്കൊരു സുഖമുണ്ട് അത് നടക്കുന്നതായിട്ട് പഠിച്ച ഒരു സുഖമില്ല ഇതനെ തന്നെ കേട്ടിട്ട് ഹിന്ദവ ഹൈന്ദവ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പഴയ കാര്യങ്ങളൊക്കെ ഇപ്പം ശാസ്ത്രത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ക്ലോണിങ്ങുണ്ട് ഇപ്പോൾ എല്ലിൽ നിന്ന് പ്രോട്ടോപ്ലാസ് എടുത്ത് അങ്ങനെ പഠിച്ച ഒരു സുഖവുമില്ല അതിൻ്റെ ഹൃദയാവർജകമായ മനോഹാരിത പോകും മറ്റൊരു യുക്തിയുടെ അഭ്യാസമാവും ഇപ്പോഴത്തെ ആധ്യാത്മികത അത്തരം അഭ്യാസമാണ് എനിക്ക് അതിനോട് വലിയ പദ്ധതിയില്ല അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൽ ഇന്ന് കാണുന്ന കമ്മാടിത്തരങ്ങളൊക്കെയാണ് അന്നുണ്ടായിരുന്നത് എന്ന് പറയുന്നവരോടും അത്ര വലിയ മമതകുമാറില്ല ആ പഴയ കഥകളിൽ അന്തർലീനങ്ങളായിരിക്കുന്ന സമസ്യകളും സന്ദേശങ്ങളും മാനവഹൃദയത്തോട് അടുപ്പിച്ചു വച്ച് പഠിക്കാൻ വല്ലാത്തൊരു സുഖമുണ്ട് അത് നഷ്ടമാവുകയും ചെയ്തു വേനനിൽ നിന്ന് പൃഥിവിലേക്കുള്ള പരിണാമം എനിക്കിഷ്ടമാണ് വേദന തുടയലിലും അതിൻ്റെ കടച്ചിലും അതിൻ്റെ ശാസ്ത്രീയതയും എനിക്ക് അത്ര മധ്യമല്ല അത് കടഞ്ഞുണ്ടാക്കിയാലും കടയാതുണ്ടാക്കിയാലും മാനവൻ വേനനിൽ നിന്ന് പൃഥിവിലേക്ക് പരിണാമം ചെയ്യപ്പെടാനുള്ള യോഗ്യത എൻ്റെ ചിന്തയിലെന്നുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് മറ്റത് പഠിച്ചാൽ ഇത് പോകുമെന്നുമാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് അത്തരം യുക്തിയുടെ അവർക്ക് തരം പോലെ എഴുതേണ്ടിയും വരും ഒരു യോജനയുടെ നീളം ഒരിടത്ത് പത്ത് മൈലും പിന്നൊരിടത്ത് എട്ട് മൈലും പിന്നൊരിടത്ത് നൂറ് മൈലും ഒക്കെ ആയിട്ട് മാറ്റി എഴുതേണ്ടിയും വരും ഇത് എഴുതി വച്ചിരിക്കുന്നിടത്തൊക്കെ അതുകൊണ്ട് പ്രാചീന സംസ്കൃതിയെ ആധുനിക ഭൗതിക ശാസ്ത്രങ്ങളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിശീലിക്കുന്നവരോട് വിനയപൂർവം ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് പൂർവിക സംസ്കൃതിയോട് ചെയ്യുന്ന മഹാപരാധമാണ് അതിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നൂറ്റാണ്ടുകളോളം ഈ സംസ്കൃതി നിലനിന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് വരുന്നതോടെ അതിൻ്റെ നാശമാകുമെന്നൊരു ഭയവും എനിക്ക് ഇല്ലാതില്ല അതുകൂടെ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് വേനന്റെ എല്ലാം എങ്ങനെ കിടഞ്ഞു എന്ന് ചോദിക്കുന്നത് വേദാന്തശാസ്ത്രം പഠിക്കുമ്പോൾ ആ കാണുന്ന മാങ്ങയിലാണ് എന്ന് ഗുരു ഒരു മാങ്ങ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാങ്ങ കാണുന്നതിന് പകരം ഗുരുവിൻ്റെ വിരലിൻ്റെ അറ്റത്ത് വെളുപ്പുദീനമുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ശിഷ്യനെ പോലെയാണ് അത് മീമാംസ്യമല്ല മീമാംസയെ അറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ നാരായണ ഗുരു നരരൂപമെടുത്തു ഭൂമിയിൽ കാമധേനുവോ എന്ന് ചോദിക്കുമ്പോൾ പൃഥുവിൻ്റെ ഭരണമുണ്ടാകുമ്പോൾ ദാരിദ്ര്യമുണ്ടായി പൃഥു അമ്പും വില്ലുമെടുത്തു ഭൂമിയെ ദോഹനം ചെയ്യാൻ തീരുമാനിച്ചു ലോകത്തിലാദ്യമായി കൃഷി നടപ്പാക്കിയത് പൃഥുവാണെന്ന് ചരിത്രകാരന്മാർ വെച്ച് എഴുതാൻ തുടങ്ങിയാലും മുമ്പ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയും ചിലരടിച്ച് കയറ്റാറുണ്ട് കാരണം അങ്ങനെ തോന്നും പൃഥു ഭൂമിയെ ദോഹനം ചെയ്യുകയാണ് ചൂഷണം ചെയ്യുകയല്ല ഇത് ഭൂമി ധേനുവിൻ്റെ രൂപത്തിൽ ഒഴി ഒടുവിൽ വില്ലുകുലച്ചു നിൽക്കുന്ന പൃഥുവിന്റെ അടുക്കലെത്തി പൃഥുവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ഭൂമിയെ ആദ്യമായി പൃഥു ദോഹനം ചെയ്തു കറന്നു അങ്ങനെ ഭൂമിയിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടായി ഇതാവാമ കഥ ശിവിയുടെ കഥയുമാകാം സകലജീവികളോടും കരുണ നിറഞ്ഞ ശിവിയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രാവും കഴുകനും എത്തുന്നുണ്ട് പ്രാവ് തൻ്റെ ഇരയാണെന്നും തന്നെ തിന്നാൻ അനുവദിക്കണമെന്നും പറഞ്ഞപ്പോൾ അഭയം ആഗ്രഹിച്ചു വന്നതിനെ വിടില്ല അതുകൊണ്ട് അതിന് ഈക്വലായ മാംസം അതിന് തുല്യമായ മാംസം തൻ്റെ ശരീരത്തിൽ നിന്ന് പറഞ്ഞു എന്നാണ് കഥ പണ്ടിതൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുമൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളൊന്നും മറ്റുള്ളവനെ അടിച്ചു വീഴ്ത്തി തെഹൽക്കൈയിലും മറ്റും പറയില്ലെന്ന് കണ്ടതുകൊണ്ട് ഭരണാധികാരികൾ വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ അങ്ങ് മാറ്റി അടിയിടിയൊക്കെ പഠിപ്പിച്ചു പ്രായത്തെ ബഹുമാനിക്കുക അറിവിനെ ബഹുമാനിക്കുക സഭയിൽ മര്യാദകൾ പാലിക്കുക ഇതൊക്കെ പഠിച്ചാൽ മക്കൾ മര്യാദക്കാരായി പോയെങ്കിൽ ജനാധിപത്യത്തിൽ അധികാരം കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ട് ഭരണാധികാരികൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പരിഷ്കാരമാണ് ഇന്നെല്ലാവരും പഠിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ പാഠപുസ്തകത്തിൽ ചേർത്താൽ ത്യാഗവുമൊക്കെ പഠിച്ചു വെച്ചാൽ വയറിന് പറ്റുകയെന്ന് നിങ്ങളിലെ ഉദ്യോഗസ്ഥരെയും കണ്ടെത്തി ഭരണാധികാരികളെ മാത്രം കുറ്റം പറയണ്ട ഇതൊക്കെ പഠിച്ച് ത്യാഗമായാൽ നാളെ മതങ്ങൾ വെള്ളത്തിലായി പോകുമെന്ന് മതമേലധ്യക്ഷന്മാരും കണ്ട് എല്ലാവരും കൂടെ ചേർന്ന് പുതിയ പാഠ്യപദ്ധതി ഉണ്ടായി അതിൻ്റെ അലയുലികളും അതിൻ്റെ സെൽഫ് ഫിനാൻസും ഒക്കെയാണ് ഇപ്പം നിങ്ങൾക്കാകെ ഓണത്തിന് കിട്ടിയിട്ടുള്ളത് കോരൻ്റെ കുമ്പളിൽ കഞ്ഞിയെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് അനുകമ്പ നഷ്ടപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള തത്രപ്പാടി ഇതൊന്നും നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു വശാകരുത് പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വയസ്സായ ദുഃഖിതരാകുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കേട്ടത് ചാരിതാർഢ്യം അറിഞ്ഞു മരിക്കാം അതിനുള്ളതാണ് ഇതൊക്കെ അതുകൊണ്ട് ശിബി എന്തോ പറയാൻ ഒരുങ്ങി തോന്നും അതിനാണല്ലോ ഇപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വയസ്സാകുമ്പോഴേക്ക് പഠിക്കാം ചെറുപ്പത്തിൽ പഠിക്കരുത അപ്പോൾ ശിബി ആ പ്രാവിന് തുല്യമായ മാംസമെടുത്തോളാൻ പറഞ്ഞു വെട്ടി അവസാനം ജീവൻ തന്നെ പോകുമെന്നായിട്ടും കരുണയിൽ നിന്നും അദ്ദേഹം മാറിയില്ല പ്രാവും കഴുകനും രൂപം മാറി അഗ്നിയും ഇന്ദ്രനുമായി മാറി വരുമ്പോൾ അത് വായിക്കുന്നവൻ്റെ എന്ന അനുവാചകന്റെ ഹൃദയത്തിലേക്ക് ത്യാഗത്തിൻ്റെ വിജയം ഇന്ദ്രലോകങ്ങളെപ്പോലും അതിക്രമിച്ചു നിൽക്കുന്നൊരു ഭാവന സാമ്രാജ്യത്തിലേക്ക് ഉയരുകയാണ് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ബാക്കിപത്രങ്ങളും ഒന്നുമല്ല അതിൽ അടങ്ങിയിരിക്കുന്ന നവാത്മകമായ സത്യം വ്യവഹാര സത്യത്തെക്കാൾ സൂക്ഷ്മവും പ്രചണ്ഡവുമാണ് എന്ന് പറഞ്ഞാൽ ഫിക്ഷണൽ ട്രൂത്ത് ഈസ്റ്റിൽ ഭാവനാലോകത്തിലെ സത്യത്തിന് ഇന്ദ്രിയങ്ങളുടെ സത്യത്തെക്കാൾ ഹൃദയത്തിൽ ആഴം ഇത് ഭാരതീയർ പഠിച്ചതുകൊണ്ടാണ് ആ കൃതികളിലൊക്കെ ഇത്തരം കഥാപാത്രങ്ങൾ നിറഞ്ഞത് അത് വായിച്ചത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് അതിൻ്റെ തലങ്ങളിലേക്ക് പോകാതെ ചരിത്രവും ശാസ്ത്രവും തേടി അലഞ്ഞത് അത് സ്വീകരിക്കുമ്പോൾ നാം അറിയാതെ നമുക്ക് വരുന്നൊരവാതര പരിണാമമുണ്ട് എ ഹ്യൂമൻ മെറ്റമർ ഫോർസിസ് അതാണ് ആധ്യാത്മികതയിലേക്ക് അനുകമ്പയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ആ ശിവിയാണ് ഇവിടെ സൂചിതമായിരിക്കുന്നതെന്നും പറയാം പരമാത്ഭുതദാനദേവതാ തരുവോ ഈ അനുകമ്പയാണ്ടവൻ പരമമായ അത്ഭുതദാനദേവതാ തരു കൽപ്പക്ഷം ദേവതാ തരു കൽപ്പക്ഷം കൊടുക്കുന്ന കൽപ്പവൃക്ഷം കാമധേനും കൽപ്പണിക സങ്കല്പങ്ങളാണ് മനുഷ്യൻ ജീവിക്കാവുന്നൊരു തലമതാണ് പണ്ടുള്ളവർ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നേ ഒരുവൻ തൻ്റെ മുമ്പിലെത്തി ഒരാഹാരം തരണമേ എന്ന് പറയുമ്പോൾ പോയി പണിയെടുത്ത് ആഹാരമൊക്കെ പണിയെടുത്താലേ ഉണ്ടാവുള്ളൂ ചണ്ടി നടക്കുന്നു ആരോഗ്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന അവനല്ല ആഹാരമില്ലാതെ പോകുന്നത് ആ പറഞ്ഞവൻ്റെ ബോധത്തിലാണ് ആഹാരമില്ലാതാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അല്പനേരത്തേക്ക് അവൻ്റെ ശാരീരികമായ വിജയത്തിനപ്പുറം ആ ബോധത്തിലൊരു ചെറിയ ആന്തോളനം ഉണ്ടാകും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അതവനൊരു ശാശ്വതമായി കിട്ടുന്ന ശിക്ഷയാണ് അതുകൊണ്ട് ഭാരതം കോട്ടും സൂട്ടുമിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും കാൽ കീഴിലാക്കി നിൽക്കുന്ന കോടീശ്വര പ്രമാണിയെയല്ല അതിൻ്റെ പ്രതീകമാക്കി നിർത്തിയത് തെണ്ടിയിട്ടാണ് അശനം തുണിക്കു പകരം തോരാണ്ട് തീടുവാൻ പണ്ടം പന്നകമാണി ശിവനെ ചിത്രം വിചിത്രം തവ എന്നൊരു തെരുവ് തണ്ടിയെയാണ് രാഷ്ട്രസീമയിൽ പ്രതിഷ്ഠിച്ചത് യു കാൻ ഫോളോ മനസ്സിലായില്ല ഭാരതീയന്റെ സംസ്കൃതിയുടെ പ്രതീകം സമ്പത്തല്ല ഭാരതീയ സംസ്കൃതിയുടെ ഔന്നത്യത്തിൽ അവൻ പ്രതിഷ്ഠിച്ചത് വിത്താധിപനായ വൈശ്രവണനെയല്ല കാളകൂടം തരിച്ചു നീലകണ്ഠനെ സംസ്കൃതി ഔന്നത്യത്തിൽ പ്രതിഷ്ഠിച്ചത് ഒരു ശുദ്ധ തട്ടിയെ കണ്ടാലും അവനെ ഓർമ്മിക്കുവാൻ പാകത്തിനൊരു തെണ്ടിയെ അതുകൊണ്ട് തെണ്ടുന്നവൻ ചോദിക്കുന്നതാണ് ധർമ്മമെന്ന് പഠിപ്പിച്ച സംസ്കൃതി വീട്ടുമുറ്റത്ത് വന്ന് കൈനീട്ടുമ്പോൾ അകത്തേക്ക് ഓടുന്ന കുഞ്ഞ് അമ്മയോട് ധർമ്മം ചോദിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ആ കാലം അമ്മ ധർമ്മക്കാരൻ വന്നിരിക്കുന്നു സീമമ്മ അവന്റെ ബോധത്തിലേക്ക് ഈ ബഗർ കയറിക്കൂടിയപ്പോൾ അവനും അവന്റെ നേതാക്കന്മാരും പിച്ചപ്പാളയുമായി എത്ര രാജ്യങ്ങളുടെ പടിവാതിക്കലാണ് കണ്ടുന്നത് ഉടുത്തൊരുങ്ങി വലിയ പാത്രവും എടുത്ത് കണ്ടാൻ രാജ്യാന്തരങ്ങളിൽ നടക്കുന്നവൻ ഒരു നേരത്തെ ആഹാരമെന്ന ധർമ്മത്തെ ചോദിക്കുന്നവനെ തെണ്ടിയെന്ന് വിളിച്ചതിലുള്ള വൈകല്യം ഒരു രാഷ്ട്രം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഒരു ജോലിക്കും ഒരു നേരത്തെ ആഹാരത്തിനും അന്നൻ്റെ രാജ്യങ്ങളിൽ ചെന്ന് ഭാര്യയും മക്കളെയും ഇവിടെയിട്ട് രാവും പകലും അവിടുത്തെ വെയിലും കൊണ്ട് അവൻ്റെ അടുത്ത തെണ്ടി കിട്ടുന്നതും വാങ്ങി അത് വകമാറ്റി ഇവിടെ കൊണ്ട് കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ധർമ്മം ചോദിക്കുന്നവനെ തെണ്ടി എന്ന് വിളിച്ചാൽ തെണ്ടിയാകുമോ തെണ്ടി എന്ന് എന്നോടാരോ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിതൊന്നും പഥ്യമാകുമെന്ന് എനിക്ക് തോന്നി ആരാണ് ഇതെന്ത് ജീവിതായോധനത്തിൻ്റെ അലൗകിക ലോകങ്ങളെ വരച്ചു കാണിച്ച ഭാരതം ശിവശീർഷത്തിന് അലങ്കാരമായി സൃഷ്ടിച്ചത് ലോകൈക വന്ധ്യനായി സൃഷ്ടിച്ചത് ഒരു ഭിക്ഷക്കാരനെയാണ് ഭാരതീയ സംസ്കൃതി ഇങ് കന്യാകുമാരിയിൽ നിന്ന് കയ്യിൽ വരണബാല്യവും എന്തി മന്ദം മന്ദം പല്ലവനിയിലദേവ കൈലാസത്ത നോക്കി ഗമിക്കുന്നത് ആ തെണ്ടിയെ